ോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസെഫിന് പതിനേഴ് വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹയുടെയും സിൽപയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസെഫ് അപ്പനോട് വന്നു പറഞ്ഞു യോസെഫ് വാർദ്ധക്യത്തിലെ മകനാകെ കൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ച് കൊടുത്തു അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല യോസെഫ് ഒരു സ്വപ്നം കണ്ടു അത് തന്റെ സഹോദരന്മാരോട് ൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു അവനവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊൾവീൻ നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു അവന്റെ സഹോദരന്മാർ അവനോട് നീ ഞങ്ങളുടെ രാജാവാകുമോ നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞ് അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്കുനിമിത്തവും അവനെ പിന്നെയും അധികം അവൻ മറ്റൊരു സ്വപ്നം കണ്ടു തന്റെ സഹോദരന്മാരോട് അറിയിച്ചു ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പന അവനെ ശാസിച്ച് അവനോട് നീ ഈ കണ്ട സ്വപ്നമെന്ത് ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കാൻ വരുമോ എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു അവന്റെ സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മെയ്പ്പാൻ ശേഖരമിൽ പോയിരുന്നു ഇസ്രയേൽ യോസഫിനോട് നിന്റെ സഹോദരന്മാർ ശേഖരമിൽ ആടുമേയിക്കുന്നുണ്ടല്ലോ വരിക ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുമെന്ന് പറഞ്ഞതിന് അവനവനോട് ഞാൻ പോകാമെന്ന് പറഞ്ഞു അവനവനോട് നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണം എന്നു പറഞ്ഞു ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു അവൻ ശേഖയമിലെത്തി അവൻ വെളിംപ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു നീ എന്തന്വേഷിക്കുന്നു എന്നവനോട് ചോദിച്ചു അതിനവൻ ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു അവർ എവിടെ ആടുമേയിക്കുന്നു എന്ന് എന്നോടറിയിക്കണമേ എന്നു പറഞ്ഞു അവർ ഇവിടെ നിന്ന് പോയി നാം ദോഥാനിലേക്ക് പോക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു അങ്ങനെ യോസെഫ് തന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്ന് വെച്ച് കണ്ടു അവർ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവനടുത്തുവരും മുമ്പേ അവനു വിരോധമായി ദുരാലോചന ചെയ്തു അതാ സ്വപ്നക്കാരൻ വരുന്നു വരുവീൻ നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകള ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു രൂപൻ അത് കേട്ടിട്ട് നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതികൊണ്ട് രൂപൻ അവരോട് രക്തം ചൊരിയിക്കരുത് നിങ്ങൾ അവന്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവൻ ഈടുവീൻ എന്നു പറഞ്ഞു യോസെഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു അവർ ഭക്ഷണം കഴിപ്പാൻ ഇരുന്നപ്പോൾ തലപൊക്കി നോക്കി ഗലയാതിൽ നിന്ന് സാംബ്രാണിയും സുഗന്ധ പശയും സന്നി കയറ്റി മിശ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇഷ്മയില്ലിയറുടെ ഒരു യാത്രക്കൂട്ടം വരുന്നത് കണ്ടു അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട് നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം വരുവിൻ നാം അവനെ ഇസ്മായില്യർക്ക് വിൽക്കുക നാം അവന്റെ മേൽ കൈവയ്ക്കരുത് അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു മിഥ്യാന് കച്ചവടക്കാർ കടന്നുപോകുമ്പോൾ അവർ യോസെഫിനെ കുഴിയിൽ നിന്ന് വലിച്ചുകയറ്റി ഇഷ്മ ഇല്യർക്ക് ഇരുപത് വെള്ളിക്കാശിന് വിറ്റു അവർ യോസെഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി രൂപേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസെഫ് കുഴിയിലില്ല എന്ന് കണ്ട് തന്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്നു ബാലനെ കാണുന്നില്ലല്ലോ ഞാനിനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസെഫിന്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു അവനത് തിരിച്ചറിഞ്ഞു ഇത് എന്റെ മകന്റെ അങ്കി തന്നെ ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു യോസെഫിനെ പറയി എന്നു പറഞ്ഞു യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു ഇങ്ങനെ അവന്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ മിഥ്യാന്യ അവനെ മിശ്രയിമിൽ പറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ വിറ്റി